നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്ററുപത് നാൽപ്പത് മൂന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് അമ്മ അച്ഛൻ അല്ലെങ്കിൽ മാതാവ് പിതാവ് അങ്ങനെയുള്ള രണ്ട് ഈശ്വര സങ്കല്പങ്ങൾ ഈശ്വരൻ എന്ന ആദ്യമായിട്ട് എങ്ങനെ രൂപക്കൊട്ട ഈശ്വര സങ്കല്പം അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിച്ചത് അതൊരു ഞാൻ പറഞ്ഞില്ലേ അതൊരു കാഴ്ചപ്പാടാണ് ആ രീതിയിൽ തന്നെയാണ് എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതില്ല ഞാൻ ചിന്തിച്ചത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അതിനുള്ള സാധ്യതകൾ പറയുകയാണ് എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ലോകത്തിലുള്ള എല്ലാവരുടെയും മനസ്സിൽ ഉറച്ചുപോയ രണ്ട് സങ്കല്പങ്ങളാണ് ഒന്ന് അമ്മ എന്ന ഭഗവതി അല്ലെങ്കിൽ ലോകമാതാവ് ആദിപരാശക്തി എന്ന സങ്കല്പം അതുപോലെ അത് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് രണ്ടാമത് അച്ഛൻ അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ പിതാവ് എന്ന ഒരു മഹത്തായ ഈശ്വര സങ്കല്പം ഇത് പിന്നെ വകഭേദങ്ങളിലൂടെ വകഭേദങ്ങളിലൂടെ വന്ന് പല രൂപത്തിലും ആ ഒരു സങ്കല്പമായി മാറി അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾക്ക് കിടക്കണില്ല നമുക്ക് ഇതെങ്ങനെ നവഗ്രഹം എന്ന ഒരു വലിയ കൺസെപ്റ്റിലെത്തി എന്നാണ് ചിന്തിക്കേണ്ടത് നവഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് ആധുനിക ശാസ്ത്രപ്രകാരം ഭൂമി ഒരു ഗ്രഹമാണ് പക്ഷേ നമ്മളുടെ നവഗ്രഹസങ്കല്പത്തിൽ ജ്യോതിഷ സങ്കല്പത്തിൽ ഭൂമിയെ ഒരു ഗ്രഹം എന്ന കണക്കിലല്ലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്രഹം എന്ന വാക്ക് പ്ലാനറ്റ് എന്ന ഗോളം എന്ന അർത്ഥത്തിലല്ല നമ്മളെ ബാധിക്കുന്നത് നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മളെ ഗ്രസിക്കുന്നത് എന്നൊക്കെ അർത്ഥത്തിലുള്ള ഒരു ശക്തിയാണ് ഗ്രഹം എന്നു പറഞ്ഞാൽ അനേകം ശക്തികളുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഗ്രഹം ഇപ്പം ഭൂമിയെ അതുകൊണ്ടാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ നക്ഷത്രങ്ങളും ഉപഗ്രഹം ആണെങ്കിലും ഗ്രഹമായിട്ട് കണക്കാക്കാൻ കാരണം ഇപ്പോൾ ഭൂമി അങ്ങനെയല്ല കണക്കാക്കി കഴിഞ്ഞത് ഭൂമിയെ ലഗ്നം എന്നാണ് പറയുക ഭൂമിയാണ് ഇതിൻ്റെയൊക്കെ കേന്ദ്രം എന്തുകൊണ്ട് ഭൂമിയെ ഇങ്ങനെ കണക്കാക്കിയിരിക്കണോ ഇപ്പോൾ ഭൂമി ഇപ്പോൾ ജ്യോതിഷത്തിൽ ഭൂമിക്ക് ലഗ്നം എന്നാണ് പറയുക അല്ലെങ്കിൽ ഈ നമ്മൾ ഭൂമിയെ സൂചിപ്പിക്കുന്നതിന് ലഗ്നമില്ല എന്നാണ് എഴുതുക ജാതകത്തിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഇത് തന്നെ തന്ത്രത്തിൽ വരുമ്പോൾ ലം എന്ന ബീജാക്ഷരം കൊണ്ടാണ് ഭൂമിയെ സൂചിപ്പിക്കുക എല്ലാം പൃഥിവിയാത്മനാഗന്ധം കൽപ്പയാമി എന്നൊക്കെ മന്ത്രങ്ങളുണ്ട് അല്ലെങ്കിൽ പൃഥിവി ഭൂമിയുടെ അക്ഷരം എല്ലാം എന്നാണ് സൂചിപ്പിക്കുക ജാതകത്തിലത് അല്ല എന്ന് സൂചിപ്പിക്കും എന്തുകൊണ്ട് ഭൂമി കേന്ദ്രമായി രണ്ട് കാരണം ഒന്ന് നമ്മൾ ഭൂമിയിൽ നിന്നാണ് നോക്കണത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് സൂര്യനും ചന്ദ്രനും ചൊവ്വയും ബുധനുമൊക്കെ നമ്മൾ ഇവിടുന്നാണ് നോക്കണത് അല്ലാണ്ട് ചന്ദ്രനെന്നാണ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ചന്ദ്രനെ കേന്ദ്രമാക്കിയിട്ട് എടുക്കും ചൊവ്വയെന്നാണ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ചൊവ്വയെ കേന്ദ്രമാക്കിയിട്ടെടുക്കും പക്ഷെ ഇവിടെ ഭൂമിയെയാണ് കേന്ദ്രമാക്കിയിട്ടിരിക്കുന്നത് കാരണം ഭൂമി എന്നാണ് നമ്മൾ നോക്കുന്നത് എന്നാൽ അതിനേക്കാളൊക്കെ മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ഭൂമി എന്നർത്ഥമാക്കുന്നത് നമ്മൾ എന്ന അർത്ഥത്തിലാണ് എന്നെ എന്തൊക്കെ സ്വാധീനിക്കുന്നുവോ അതൊക്കെ മൊത്തം ഈ ഭൂമിയെയും സ്വാധീനിക്കും എന്നിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മൊത്തം ഭൂമിയിലുമുണ്ട് ഇതാണ് സങ്കല്പുടെ ഭാരതീയരുടെ സങ്കല്പം തന്നെ വസുധൈവ കുടുംബം എന്നാണ് മുഴുവൻ ഒറ്റ കുടുംബമായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ് ലോക സമസ്തസുഖിനോഭവന്ത ലോകത്തിലുള്ള സമസ്ത ആൾക്കാർക്കും സുഖമുണ്ടാകട്ടെ എന്നാണ് അപ്പോൾ അവിടെയൊക്കെ വ്യക്തി എന്നതിനു പുറമെ ലോകം മുഴുവൻ ഒന്ന് എന്ന കൺസെപ്റ്റാണ് വരുന്നത് അപ്പം അതുകൊണ്ടുതന്നെയാണ് നമ്മൾ നമ്മുടെ ചിന്തകളുടെ ആദ്യത്തെ അതിനു മുമ്പ് പറഞ്ഞത് ബ്രഹ്മാണ്ടത്തിലുള്ളതൊക്കെ പിണ്ടാണ്ടത്തിലുണ്ട് പിണ്ടാണ്ടത്തിലുള്ളതൊക്കെ ബ്രഹ്മത്തിലുണ്ട് മൈക്രോക്രാസം ഇൻ മൈക്രോക്രാസം മൈക്രോക്രാസം ഇൻ മൈക്രോക്രാസം എന്നിലുള്ളതൊക്കെ ലോകത്തിലുണ്ട് ലോകത്തിലുള്ളതൊക്കെ എന്നിലുണ്ട് അതുകൊണ്ട് ഞാൻ ആണ് ലോകം അതുകൊണ്ട് നമ്മൾ ഭൂമി എന്ന കൺസെപ്റ്റ് അവിടെ എന്നിൽ എന്തൊക്കെ സ്വാധീനം ചെലുത്തണോ അതൊക്കെ ഭൂമിയിലും സ്വാധീനം ചെലുത്തണമെന്നാണ് എന്നെ എന്തൊക്കെ ബാധിക്കുന്നു അതൊക്കെ ഭൂമിയെയും ബാധിക്കുന്നു അതുകൊണ്ട് ഭൂമിയെ ഗ്രഹം എന്നതിനപ്പുറം ഒറ്റ കുടുംബമായിട്ടാണ് സങ്കല്പിച്ചിരുന്നത് ഞാൻ തന്നെയാണ് ഭൂമി അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെട്ട ഈ സമൂഹം ഈ പൊതുസമൂഹം തന്നെയാണ് ലോകത്തിലുള്ള സമസ്ത സമൂഹങ്ങളെ ആണ് നമ്മൾ ലഗ്നം അല്ലെങ്കിൽ ഭൂമി എന്ന ഒരു ചിന്തയിൽപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ നോക്കുക ഇപ്പം നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ നടക്കണോ അതന്നെയാണ് ലോകത്തിൽ നടക്കുന്നത് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ചേർന്നതാണ് ഈ ലോകം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അതിൽ ഇപ്പം എൻ്റെ കുടുംബത്തിലെ പരസ്പരം സ്നേഹവും വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പരസ്പരം രാജ്യങ്ങൾ തമ്മിലും പല രാജ്യങ്ങളും തമ്മിലും നമ്മൾ വളരെ നല്ല രീതിയിലാണ് പോണത് എൻ്റെ കുടുംബത്തിൽ നമ്മൾ ചില ചില ആൾക്കാരായിട്ട് ചില വിരോധങ്ങളൊക്കെ വെച്ച് പലർത്തുന്നുണ്ടാവും അതൊക്കെ രാജ്യങ്ങൾ തമ്മിലും വിരോധങ്ങൾ വെത്തുപലർത്തുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ ചില പൊട്ടിത്തെറികളും ചില ചീത്ത പറയൽ ചില ഉണ്ടാവാറുണ്ട് അതൊക്കെ രാജ്യങ്ങൾ തമ്മിലുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ചില കൊടുക്കൽ വാങ്ങലുകൾ അങ്ങനെ ഇങ്ങനെയുള്ള നമ്മൾ വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബങ്ങൾ തമ്മിലുണ്ടാവാറുണ്ട് അതൊക്കെ രാജ്യങ്ങൾ തമ്മിലുണ്ടാവാറുണ്ട് അതുകൊണ്ട് നമ്മൾ എന്നിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ലോകത്തിലുണ്ട് ലോകത്തിനെ മുഴുവൻ ഒറ്റ ഒന്നായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ് അതാണ് ഭൂമിക്ക് പ്രാധാന്യം ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകം മുഴുവൻ അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഇതിലുള്ള എല്ലാ ജീവജാലങ്ങളും ആണെങ്കിലും പ്രധാനമായിട്ടും അതിലത്തെ മനുഷ്യൻ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യനാണ് ഈ പറഞ്ഞ ഗ്രഹങ്ങളും ജ്യോതിഷവുമൊക്കെ ഉപയോഗിക്കുന്നത് മൃഗങ്ങളല്ല എന്തുകൊണ്ട് മനുഷ്യന് പ്രാധാന്യം വന്നു മനുഷ്യൻ ചിന്തിക്കുന്ന ആളാണ് ലോകത്തിലെ ചിന്തിക്കുന്ന ഏക പ്രധാനപ്പെട്ട ജീവജാലം മനുഷ്യനാണ് മറ്റുള്ള മൃഗങ്ങൾക്കും ചിന്താശേഷി ഉണ്ടെങ്കിലും ബുദ്ധിയും മനസ്സുമുള്ള കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ ഒരു ഉദാഹരണം അതിമകാല മനുഷ്യൻ കാട്ടുതീ കണ്ടപ്പോൾ ഓടിപ്പോയി തീ കണ്ടപ്പോൾ മനുഷ്യനും ഓടിപ്പോയി മൃഗങ്ങളും ഓടിപ്പോയി തീ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അവർക്ക് വിശന്നു വിശന്നപ്പോൾ തീയിൽ വന്ന മാംസങ്ങളും കായികറികളൊക്കെ കണ്ടു അവരെടുത്ത് തിന്നു നല്ല സ്വാദ് തോന്നി ചിന്തിച്ചു ഇതെങ്ങനെ സ്വാദ് എന്ന് മനുഷ്യന് ചിന്തിച്ചു രണ്ടാമതും കാട്ടി തീ വന്നപ്പോൾ അവരൊക്കെ തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഇതുപോലെ എന്താ കായികറികളും മാംസം ഭക്ഷിച്ചപ്പോൾ തിന്നു അങ്ങനെ ബുദ്ധിമാനായ മനുഷ്യൻ ചിന്തിച്ചു എന്തുകൊണ്ട് ഇതിന് സ്വാദ് അങ്ങനെ അവൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായത് തീയിൽ ചുട്ടപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെ അവൻ തീയിനെ ശ്രദ്ധിക്കാൻ പഠിച്ചു തീയുണ്ടാവുമെന്ന് മനസ്സിലായി പാറക്കെട്ടുകൾ വരഞ്ഞിട്ടും മരങ്ങൾ വരഞ്ഞിട്ടും തീ ഉണ്ടാവുമെന്ന് മനസ്സിലായി അങ്ങനെ അവൻ തീ ഉണ്ടാക്കാൻ പഠിച്ചു തീ സൂക്ഷിക്കാൻ പഠിച്ചു തെയ്യ് ഉപയോഗിക്കാൻ പഠിച്ചു തീയിനെ മരിക്കാൻ പഠിച്ചു തീയെ ആരാധിക്കാൻ പഠിച്ചു തീയിനോടുള്ള ഭയം അവന് മാറിപ്പോയി ഭയമുണ്ട് പക്ഷേ ഒരു ബഹുമാനത്തോടു കൂടിയിട്ടുള്ള ഭയമാണ് പിന്നെ അവൻ കാട്ടു തീ കണ്ടപ്പോൾ ഓടിപ്പോയി എന്നുണ്ടെങ്കിലും ആ തീയിനെ അണയ്ക്കാനും പഠിച്ചു ഇപ്പോൾ കാട്ടു വന്നാലേ അല്ലെങ്കിൽ എന്ത് തീ വന്നാലും മനുഷ്യന്മാർ ഓടി പോകണില്ല ഓടിപ്പോകുന്നുണ്ട് പക്ഷെ അതിനെ അണയ്ക്കാൻ നമുക്കറിയാം പക്ഷേ മൃഗങ്ങളെപ്പോഴും പഴയതുപോലെ തന്നെയാണ് തീ വന്നാൽ അവർ ഓടിപ്പോവും അതായത് ചിന്താശേഷി വർദ്ധിച്ചിട്ടില്ല മനുഷ്യനങ്ങനെയുള്ള ചിന്താശേഷി ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് മനുഷ്യനെ ബാധിക്കുന്ന കാര്യമാണിതൊക്കെ മനുഷ്യനായിട്ടാണിത് കൂടുതൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അതുകൊണ്ടുതന്നെ ഭൂമി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നാം അധിവസിക്കുന്ന ഈ മൊത്തം മാനവ സമൂഹം എന്നാണ് അർത്ഥം നാം ഉൾപ്പെടുന്ന ഈ മാനവ ലോകം മൊത്തം ഒറ്റ കുടുംബമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്നെ ബാധിക്കുന്നതൊക്കെ ലോകത്തിനെ മുഴുവൻ ബാധിക്കും ലോകത്തിലെ മുഴുവൻ മനുഷ്യനെ ബാധിക്കും എന്ന കൺസെപ്റ്റാണ് ഈ പറഞ്ഞ ഇപ്പം നേരത്തെ പറഞ്ഞ അമ്മ എന്നുള്ള പിതാവും അമ്മ എന്നുള്ള സങ്കല്പവും അച്ഛൻ എന്നുള്ള സങ്കല്പവും അമ്മ ദൈവങ്ങളും ഈശ്വരനും ഒക്കെ ഈ സങ്കല്പത്തിൽ നിന്ന് വന്നതാണ് എന്നിൽ ബാധിക്കുന്നതൊക്കെ ലോകത്തിനെ മുഴുവൻ ബാധിക്കുമെന്ന സങ്കല്പം ഇനി നമുക്ക് സൂര്യൻ ചന്ദ്രൻ എന്നീ രണ്ട് സങ്കല്പങ്ങളെ പറ്റി മനസ്സിലാക്കാം അടുത്ത ദിവസം നമസ്കാരം